അവർ പറയും നമ്മൾ മദീനയിലേക്ക് മടങ്ങിപ്പോയാൽ തീർച്ചയായും ഏറ്റവും പ്രതാപശാലിയായവൻ അവിടെ നിന്ന് ഏറ്റവും അധമനായവനെ പുറത്താക്കും എന്നാൽ പ്രതാപം അല്ലാഹുസുബാനഹുവ തകാലാവിനും അവൻറെ ദൂതനും സത്യവിശ്വാസികൾക്കും മാത്രമുള്ളതാണ് പക്ഷെ കവടവിശ്വാസികളത് അറിയുന്നില്ല